ോകത്തിന് എല്ലാ പ്രാണികളും സഹജമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയങ്ങൾ സുഖമായിട്ടിരിക്കണം സുഖം കിട്ടണം ദുഃഖം വരരുത് സുഖായ കർമാണി കരോത്തി ലോകഹം ലോകത്തിലെല്ലാരും ഇതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പ്രഭാഷണം കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ സുഖം കിട്ടണം കുറച്ചു നേരമായി സുഖം കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം ഉണ്ടായാൽ എഴുന്നേറ്റ് പോകും പണം സമ്പാദിക്കുന്നത് സുഖം കിട്ടാനാണ് പണം സമ്പാദിച്ച് സുഖം കിട്ടില്ലെങ്കിൽ അത് അറിയുമ്പോൾ അത് പേരും പ്രസിദ്ധിയും ഒക്കെ സുഖം കിട്ടാനാണ് സന്യാസമെടുക്കുന്നത് സുഖം കിട്ടാനാണ് കല്യാണം കഴിക്കുന്നത് സുഖം കിട്ടാനാണ് എല്ലാവർക്കും അനുസ്യൂതമുള്ള ആഗ്രഹം സുഖമായിട്ടിരിക്കണം എന്തുകൊണ്ട് നമ്മൾ ഈ സുഖത്തിനു വേണ്ടി അന്വേഷിക്കണം സുഖാന്വേഷണം എന്തുകൊണ്ട് നൈസർഗികമായിട്ട് സകല പ്രാണികൾക്കുണ്ടല്ലോ കാരണം എന്താ എന്നുവെച്ചാൽ സുഖം നിർവിശേഷമായ സുഖം നമ്മളുടെ സ്വരൂപമാണ് ആ സുഖം നമ്മളുടെ ഉള്ളിലുണ്ട് എവിടെയോ ഉണ്ട് നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഒരു അറിവുണ്ട് ഏതോ ഒന്നിനെ കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായ സുഖമുണ്ടാവും അതിനെ ഓരോ വസ്തുക്കളിലായിട്ട് പരത്തി പരത്തി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ വസ്തുവിൽ കിട്ടുമോ ഈ വസ്തുവിൽ കിട്ടുവോ ഓരോന്നിലും അവസാനം ബോറടിച്ചു പോകും ഹതാശരാകും ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് സുഷുപ്തിയില് ഒരു സുഖമുണ്ട് എല്ലാവർക്കുമുണ്ട് സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല മനസ്സുകൊണ്ട് ഒരു സുഖം അനുഭവിച്ചതല്ല മനസ്സില്ലാതെ മനസ്സിൽ അയിച്ചു കിടന്നപ്പോ ഒരു സുഖം ആ സുഖം എവിടുന്ന് വന്നു നമുക്ക് ഇപ്പൊ ജാഗ്രതാവസ്ഥയിൽ സുഖം വേണമെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെവി കൊണ്ട് കേൾക്കണം അല്ലെങ്കിൽ മൂക്കുകൊണ്ട് എന്തെങ്കിലും മണക്കണം ഒരു നല്ല മുല്ലപ്പൂ മണത്ത് നോക്കുമ്പോൾ നല്ല സുഖം ദീപാവലിക്ക് പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് വായിലിട്ടാൽ ഒരു സുഖം പടക്കം പൊട്ടിച്ച് ശബ്ദം കേട്ട് ഈറിടമൊക്കെ ഒന്ന് പൊട്ടിക്കണ പോലെ ശബ്ദിച്ചാൽ ഒരു സുഖം ഇന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെയോ അതിലൊരു സുഖമുണ്ട് പക്ഷെ ഈ സുഷുപ്തിയിലുള്ള സുഖം ബാക്കിയുള്ള സുഖമൊക്കെ ഒരാൾക്ക് ഇഷ്ടപ്പെടും മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല രണ്ടു വർഷം മുമ്പ് എന്റെ കഷ്ടകാലത്തിന് ദീപാവലിക്ക് ഞാൻ ബോംബെയിലാണ് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല എനിക്കത് സുഖമേ അവർക്ക് വലിയ സുഖം രാത്രി ഒരു മണിക്ക് ചെവി പൊട്ടിക്കണ പോലെ നമ്മളുടെ രണ്ടു മൂന്ന് ജന്മത്തിന് ഈ ഇടി കേൾക്കും അതുപോലെ അതുപോലെ പടക്കം അതെനിക്ക് സുഖമല്ല ദുഃഖം അവർക്ക് സുഖം ദുരപലഹാരം ഉണ്ടാക്കി വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹൈലി ഡയബറ്റിക് ആണ് കഴിക്കാൻ പാടില്ല അദ്ദേഹത്തിന് ദുഃഖം ഇത് കാണുമ്പോഴേ ദുഃഖം ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ട് വ്യത്യാസമുണ്ട് പക്ഷേ ഇതിലൊക്കെ വ്യത്യാസമുണ്ട് സംഗീതം ചിലർക്ക് കർണാടക സംഗീതം ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമല്ല സിനിമാ പാട്ടാണ് ഇഷ്ടം അവരവരുടെ വാസനക്കനുസരിച്ച് വ്യത്യാസമുണ്ട് പാപ്പ് മ്യൂസിക് പുണ്യ മ്യൂസിക് വേണ്ട അവർക്ക് പാപ്പ് മ്യൂസിക് വ്യത്യാസമുണ്ട് വാസനക്കനുസരിച്ച് പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോ ഒക്കെ അവസാനിപ്പിക്കും എല്ലാം നിർത്തും എല്ലാത്തിനും ഒരു ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് ഇതൊക്കെ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും വേണം ഇത് ഈ സുഖമൊക്കെ അനുഭവം ഇതൊന്നുമില്ലാതെ ഒരു ഇന്ദ്രിയവും ഉപയോഗിച്ചില്ല ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും മണത്തില്ല ഒന്നും രുചിച്ചില്ല ഒന്നിനും തൊട്ടില്ല യാതൊന്നുമില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് ദിവസവും മനസ്സ് ചെന്ന് ലയിക്കുമ്പോ ഒരു സുഖം ഏർപ്പെടും വെറുതെ തള്ളിക്കളയരുത് അതിനെ തമോ പറയരുത് ഉപനിഷത്താണ് പറയണത് അവിടെ നമ്മള് ബ്രഹ്മത്തിനോട് ചെന്ന് ലയിക്കുന്നു എന്നാണ് നമ്മൾ അറിയണില്ല കഞ്ചന കാമം കാമേ നവപനം പശ്യത്തിഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനയേവ്യാനന്ദമയോ ആനന്ദഭുക് ചേത്തോമുഖപ്രാജസ്തൃതീയ പാദ याष योनि प्रभवाप्ययोता श्रुति उपनिषदेशर वाको नोकम सुषुप्ति आद्यम डिफनीष सुषुप्ति नमें वाले क्याल आईटुप्ति भगवा अपारणाममूर्ति अम्म കുട്ടി കൊറേ നേരം കളിക്കാൻ പോയാൽ വേല പൊടിയൊക്കെ ആക്കി തളർന്നു കഴിയുമ്പോ കുട്ടിക്ക് നമ്മുടെ അടുത്ത് വരണം എന്ന് ആഗ്രഹമില്ല കുട്ടിക്ക് ഇനിയും കളിക്കണം ആഗ്രഹം പക്ഷെ കുട്ടിയെ കൊറേ നേരം കണ്ടിട്ടില്ലെങ്കിൽ കരുണയുള്ള മാതാവ് എന്തു ചെയ്യും ഓടിപ്പോയി കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബിച്ച് മടിയിൽ കിടത്തി ആഹാരം കൊടുക്കുക ചെയ്യും അതേപോലെ ദിവസവും ഭഗവാൻ ഈ പുറമേക്ക് പോയി അറിഞ്ഞു നടക്കുന്ന ജീവനെ പക്ഷെ ആ ജീവനെ അറിയുന്നില്ല ഉറങ്ങുന്ന കുട്ടിയെ അമ്മയെടുത്തും മടിയിൽ കിടത്തുന്ന പോലെ തന്നെ ഈ ജീവനെ അറിയാതെ തന്നോട് പിടിച്ച ആലിംഗനം ചെയ്യുന്നു എന്നാണ് കഞ്ചന കാമം കാമ ഒന്നും ആഗ്രഹിക്കുന്നില്ല സുഷുപ്തിയില് കഞ്ചന സ്വപ്നം പശ്യതി ഒരു സ്വപ്നവും കാണുന്നില്ല തത് സുഷുപ്തം അതിന് സുഷുപ്തിന്ന് പേര് സുഖമായ ഉറക്ക സുഷുപ്ത സ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവ ഹ്യാനന്ദമയോ അവിടെ അനന്തമയം അനന്തം ആനന്ദം എന്ന് വെച്ചാൽ വികാരമുള്ള ആനന്ദമല്ല സുഖം എല്ലാവർക്കും ആ സുഖത്തിന് ഒരാൾക്കും വിട്ടുവെക്കാൻ പറ്റില്ല പായസം കുടിക്കുന്നതൊക്കെ വിട്ടുവെക്കും വേണ്ടെന്ന് പറയും ഒരാൾക്ക് ലോകത്തിലെല്ലാ സുഖസാമഗ്രികളും കൊടുത്തിട്ട് ഉറങ്ങരുത് എന്ന് പറഞ്ഞു നോക്കൂ ഈ ഉറക്കം ഒരേ ഒരു അവസ്ഥയിലേ വിട്ടുപോകുള്ളൂ പൂർണ്ണ ജ്ഞാനസ്ഥിതിയിൽ ജ്ഞാനികൾക്ക് ഉറക്കില്ല ജീവൻ മുക്തന്മാർക്ക് ഉറക്കമില്ല അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവർ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഉണർന്നിരിക്കുമ്പോഴും അതേ സുഖം ജാഗ്രത് സുഷുപ്തി എന്ന് ജ്ഞാനത്തിന് പറയും എന്ന് വെച്ചാൽ ജാഗ്രത് സുഷുപ്തി വെച്ചാൽ ഒന്നും അറിയായ്മേ അല്ല ആ ശാന്തി ആ പൂർണ്ണത ആ തൃപ്തി വേക്കിംഗ് സ്റ്റേറ്റില് ബോധപൂർവുണ്ട് സുഷുപ്തിയില് നമ്മൾ അറിയാതെ അതിൽ ചെന്ന് ലയിക്കുന്നു അവിടെ എന്തുണ്ട് ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ അന്തര്യാമിഹി പ്രഭവാപ്യയോ ഹി ഭൂതാനാം നമ്മളുടെ ഉദയത്തിന്റെയും ലയത്തിന്റെയും സ്ഥാനം ഈ സുഷുപ്തിയിൽ ലയിച്ചു കിടക്കുന്നു സുഷുപ്തിയിൽ ഞാൻ ഒരു പുരുഷനല്ല അല്ലേ ആണോ സുഷുപ്തിയില് പുരുഷൻ സ്ത്രീ വല്ല ഭേദം ഉണ്ടാവോ ജാഗ്രത അവസ്ഥയിൽ ഏ ഇവരൊന്നും എന്നെ തൊടാൻ പാടില്ല സുഷുപ്തിയിൽ എന്തെങ്കിലും അറിയോ ഒരു കാർത്തിക ദീപത്തിന് തിരുവണ്ണാമലെ ധാരാളം തിരക്ക് വരും ഈ ഗ്രാമക്കാരൊക്കെ വരും ഒരു മണ്ഡപത്തില് ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വന്നിട്ട് അവരൊക്കെ അവരുടെ ബാണ്ടൊക്കെ അവിടെ വെച്ച് ഇന്ന് നോക്കിയിരിക്കുകയാണ് ഭയങ്കര ബഹളം എന്താ ബഹളം എന്ന് വെച്ചാൽ ഒരാൾ ഒരു ബാണ്ടം വെച്ചു അത്ര അതിന്റെ അടുത്ത് വേറെ ഒരാൾ ഒരു ബാണ്ടം വെച്ചു ഇത് എന്റെ സ്ഥലമാണെന്നാണ് അവര് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക ഇങ്ങനെ പരസ്പരം ബഹളം കൂട്ടിക്കൊണ്ടേ ഇരുന്ന ആളുകള് കുറെ നേരം കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നുറങ്ങി ഉറങ്ങി കഴിഞ്ഞപ്പോ ഒരാളുടെ മേലെ ഒരാൾ കാലിട്ട് ഒരാൾ കൈയിട്ട് യാതൊരു ഷണ്ടയില്ല മനസ്സ് രാവിലെ ഉദിച്ച ഉടനെ പിന്നെയും ബഹളം കൂട്ടാൻ തുടങ്ങി ഷണ്ട കൂടാൻ തുടങ്ങി എല്ലാ അതാണ് ഷേക്സ്പിയർ പറഞ്ഞു അത്രേ ഈ കവികളൊക്കെ അറിയാതെ ചിലപ്പോ ദൈവം സ്റ്റംബിൾ ഓൺ ട്രൂത്ത് അവരെ അറിയാതെ സത്യത്തിൽ കാലുവെക്കും പക്ഷെ ബോധപൂർവല്ല ഷേക്സ്പിയർ എവിടെയോ പറഞ്ഞു എത്ര സ്ലീപ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലെവലർ എന്നാണ് എല്ലാരെയും സമമാക്കുക രാജാവാണെങ്കിലും അതേ ഭിക്ഷകാരനാണെങ്കിലും അതേ സന്യാസി ആണെങ്കിലും അതെ സ്ത്രീ ആണെങ്കിലും അതെ ഒക്കെ സമം മനസ് ഉദിക്കുമ്പോ എല്ലാ ഭേദങ്ങളും വരുന്നു ആ സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിൽ ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും അറിഞ്ഞില്ല ഞാൻ പുരുഷനല്ല സ്ത്രീയല്ല ആ കൊച്ചുകുട്ടി അവിടെ ഉറങ്ങുമ്പോ ഇവിടെ ഒന്നും ഇല്ല പ്രഭാഷണവും പ്രഭാഷണം ചെയ്യുന്ന ആളില്ല ഞാനില്ല ആ കുട്ടിക്ക് വ്യക്തിത്വമില്ല ഞാനിവിടെ കിടന്ന് ഉറങ്ങിയാലും എനിക്ക് വ്യക്തിത്വമില്ല വ്യക്തിത്വം പോയി ഒന്നുമില്ല കുട്ടികൾ ഉറങ്ങണത് കാണും കുട്ടികളെ വലിയ ഈശ്വര ദർശനം കുട്ടികൾ ഉറങ്ങി എഴുന്നേക്കുമ്പോ ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എഴുന്നേക്കുമ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം വിട്ടുകളയാതെ നോക്കേണ്ട ഒരു ഒരു ദിവ്യ ദർശനമാണ് അത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വാസനകളൊന്നും ആക്ടിവേറ്റഡ് ആവാത്തത് അവരുടെ ഉറക്കം ഒക്കെ സമാധി തുല്യമാണ് ഉറങ്ങുമ്പോ അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ സൂര്യൻ അസ്തമിക്കണ പോലെ അതേപോലെ എഴുന്നേൽക്കുമ്പോ പതുക്കെ പതുക്കെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് സൂര്യോദയം പോലെ ഉണ്ടാവും സന്യാസികൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അതുകൊണ്ട് ആകത്തി കാണിക്കാവുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്താന്ന് വെച്ചാൽ കൈലാസ ദർശനം എന്നാണ് പറയുക അതായത് ആ സ്ഥിതി അവരുടെ ഉറക്കം ഉറക്കമേ അല്ല നമ്മളുടെ ഉറക്കവും അങ്ങനെ ആകും എങ്ങനെയാണെങ്കിൽ എന്നുവെച്ചാൽ ബോധപൂർവം ജാഗ്രതും നമ്മളുടെ വാസനകളൊക്കെ ക്ഷയിച്ച് കിട്ടുകയാണെങ്കിൽ നിശ്ചലത അകമയ്ക്ക് അനുഭവിക്കും തോറും ഉറക്കത്തിന്റെ ക്വാളിറ്റിയും അത് ഇംപ്രൂവ് ആകും നിദ്ര സമാധിസ്ഥിതിഹീന നിദ്ര ഉറക്കം തന്നെ സമാധിസ്ഥിതി ആയിട്ട് മാറും എന്നുവെച്ചാൽ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കണം എന്നല്ല ഉറക്കത്തിൽ എന്തുണ്ട് എന്നൊന്ന് ശ്രദ്ധിക്കണം ഉറക്കത്തിൽ ശരീരമില്ല ഉറക്കത്തിൽ മനസ്സില്ല ഉറക്കത്തിൽ ഞാൻ എന്നുള്ള വ്യക്തിബോധമില്ല പക്ഷെ അവിടെ യഥാർത്ഥ ഞാൻ ഉണ്ടോ ഇല്ലയോ ജീവൻ ഉണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ടല്ലോ അല്ലെ ജാഗ്രത്തിൽ ശരീരവും ഉണ്ട് മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവമുണ്ട് നമുക്ക് അനുഭവ രൂപത്തിലൊരു ഞാൻ അഹങ്കാര രൂപത്തിലൊരു ഞാൻ ഉണ്ട് അഹങ്കാര രൂപത്തിലുള്ള ഞാൻ ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ പ്രഭാഷണം ചെയ്യുന്നു ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് ഒരു ഐഡന്റിഫിക്കേഷനോടുകൂടെ ഇരിക്കും അഹങ്കാര രൂപത്തിലുള്ള ഞാൻ അനുഭവ രൂപത്തിലുള്ള ഞാന് ഒരു ഇൻഡിവിജ്വാലിറ്റിയും അതിലില്ല വ്യക്തിത്വമില്ല ഉണ്ട് എന്നുള്ള ഒരു അനുഭവം മാത്രം അസ്തി ഉണർവ് ലൈഫ് പ്രിൻസിപ്പിൾ അത് അനുഭവ രൂപത്തിലുള്ള ഞാൻ ഈ അഹങ്കാരൂപത്തിലുള്ള ഞാൻ ഇപ്പൊ പ്രഭാഷണം ചെയ്യും ചിലപ്പോ ഇവിടെ തന്നെ കിടന്നുറങ്ങിയാൽ ഇപ്പൊ ഇവരൊക്കെ അഭംഗം പാടി എനിക്ക് ആഗ്രഹമുണ്ട് അവരെ പോലെ പാടണമെന്ന് ആഗ്രഹത്തോടെ കിടന്നുറങ്ങിയാൽ സ്വപ്നത്തിൽ ഞാൻ അഭംഗം പാടുന്ന ഒരാൾ മറം ജാഗ്രതത്തിൽ പറ്റാത്തതൊക്കെ സ്വപ്നത്തിൽ വരും ഈ അഹങ്കാരം മാറുന്നു ജാഗ്രതത്തിലുള്ള അഹങ്കാരം പോയി സ്വപ്നത്തിൽ മറ്റൊരു അഹങ്കാരം ആ വ്യക്തിത്വം വേറെ വേഷം ഇടുന്നു പക്ഷെ സുഷുപ്തിയിലോ പ്രഭാഷണം ചെയ്യുന്ന ആളുമില്ല പാട്ടുപാടുന്ന ആളുമില്ല കേവലം ആ ലൈഫ് പ്രിൻസിപ്പിൾ ഉണർവ് സുഖം എന്തോ സുഖം അനുഭവിച്ചു സുഷുപ്തിയിൽ ഏതൊരു അഹം ഉണ്ടോ ഞാൻ ഉണ്ടോ അത് വാസ്തവത്തിലുള്ള സത്യമാണ് അത് ജാഗ്രത്തിലുമുണ്ട് സ്വപ്നത്തിലുമുണ്ട് ശരീരം ജാഗ്രതത്തിലുമുണ്ട് സ്വപ്നത്തിലില്ല സ്വപ്നത്തിൽ മനസ്സുണ്ട് മനസ്സ് സുഷുപ്തിയിൽ ലയിച്ചു പോകുന്നു സുഷുപ്തിയിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാറാതെ നിൽക്കുന്ന ഏതൊരു ബോധമുണ്ടോ ഉണർവുണ്ടോ അവബോധമുണ്ടോ അസ്തിത്വമുണ്ടോ അതാണ് നമ്മളുടെ ഉണ്മയായ സ്വരൂപം യഥാർത്ഥമായ ജ്ഞാൻ ആ ജ്ഞാനിനെ അറിയുക അറിയുക എന്ന് വെച്ചാലോ നോട്ട് ഇന്റലക്ച്വലി ബട്ട് മെർജിംഗ് ഇൻ ഇറ്റ് ആ ഞാൻ മഹാധ്വനിയാണ് ആ ജ്ഞാൻ എന്നുള്ള അനുഭവത്തിനെ ശ്രദ്ധിക്കുക അതെങ്ങനെ ചെയ്താലും വേണ്ടില്ല നമ്മള് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുകയാണെങ്കിലും ഭാഗവതത്തിൽ കപില ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ദിവ്യരൂപത്തിനെ വർണ്ണിച്ചു ദിവ്യരൂപത്തിനെ വർണ്ണിച്ച് അവസാനം എന്താവുന്നു ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മൾക്ക് വാസനകളും ചിത്തവൃത്തികളും എല്ലാം പോയി അവിടെ വ്യക്തിത്വം അടക്കം ഭഗവാന്റെ ദിവ്യരൂപത്തിൽ മർജാവുന്നു അവസാനം എന്താവും ഒരു രൂപവും ശാശ്വതമായിട്ട് അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല രൂപം കൽപ്പിച്ച് ധ്യാനിക്കുന്നു ആ രൂപം ഭഗവാൻ തന്നെ ഒരു കാലത്ത് മറച്ചു കളയും തന്നെ മറച്ചു കളയും എന്താവും മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃചതി മനഹാസഹസാർച്ചിഹി ആത്മാനമത്ര പുരുഷവും അവ്യവധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ ചൊടലക്കൊള്ളിയെടുത്ത് ചൊടല എരിച്ചിട്ട് ആ കൊള്ളി സ്വയം എരിഞ്ഞടങ്ങുന്ന പോലെ ഈ ധ്യാനം ബാക്കിയുള്ള ചിത്തവൃത്തികളെയും വാസനകളെയും വ്യക്തിത്വവും അഹങ്കാരവും ഒക്കെ ഇല്ലാതാക്കി അതും ഇല്ലാതാവുമ്പോ ഒരു തടസ്സമില്ലാത്ത ശുദ്ധപ്രജ്ഞ അവ്യവധാനമേകം അന്വീക്ഷത ഒരു വ്യവധാനം തടസ്സവുമില്ലാതെ ശുദ്ധപ്രജ്ഞാസ്വരൂപമായി ചിതാകാശ സ്വരൂപമായി ആത്മവസ്തു അവിടെ പ്രകാശിക്കണം അനുഭവത്തിൽ ആത്മാനുഭവം ഏർപ്പെടുന്നു എങ്ങനെയെങ്കിലും നമ്മള് ഈ അന്തർമുഖമായ ഈ ധ്യാനസ്ഥിതിയെ പടിപടിപടിയായിട്ട് അനുഭവിക്കണം സ്ഥൂലമായിട്ട് ഇന്റലക്ച്വൽ പ്ലെയിനിൽ ഇരുന്നാൽ പോരാ വികാരത്തിന്റെ പ്ലെയിനിലിരുന്നാലും പോരാ അതിനാണ് സാധന എന്ന് പറയണത് സാധുക്കൾ മഹാത്മാക്കൾ സന്ധുക്കളൊക്കെ എങ്ങനെ ആ അനുഭൂതിയെ പ്രാപിച്ചു ഏകാന്തത്തിൽ എവിടെയോ ഇരുന്ന് ആഴ്ന്നു മുങ്ങി ഡ്രില്ലിട്ട് അകത്തിറങ്ങുന്ന പോലെ അവരവരുടെ അകത്തേക്ക് ഇറങ്ങിയവര് കൂപേയഥാ ഗാഠജലേ തഥാ അന്തർനിമജ് ബുദ്ധിയാ ശിതയാ നിതാന്തം ഒരു കെനറ്റിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ തെരയാൻ ശ്വാസം അടക്കി പിടിച്ച് അന്വേഷിക്കണ പോലെ അകമയക്ക് ആ ഭഗവത് തത്വത്തിന് ഭക്തിയുടെ മാർഗമാവട്ടെ ജ്ഞാനത്തിന്റെ മാർഗമാവട്ടെ ഇതൊക്കെ ഈ പെരിഫറലിലാണ് ഈ വ്യത്യാസം ഉള്ള പോലെ തോന്നണത് ഏത് മാർഗത്തിലാണെങ്കിലും ഈ ജീവൻ അന്തർമുഖമായി ഇടിക്കണം ഉള്ളില് ഈ സത്യത്തിനെ അറിയാനായി തീവ്രമായ അന്തർമുഖമായ സാധനാ പരിശീലനം വേണം സാധനാ പരിശീലനം എന്ന് വെച്ചാൽ എന്താ മാശ്രിത്യന്തിയെ അതില് വളരെ ജാഗ്രതയാണ് മൈൽഡാണ് ഒരു വശത്ത് അത് ഇറ്റ് ഇസ് വെരി ഇന്റൻസ് മറ്റൊരു വശത്ത് ഇറ്റ് ഇസ് വെരി മൈൽഡ് ആ മൈൽഡ്നെസ് എവിടെ നിന്ന് വരണെന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്നു എന്റെ ഭക്തന്മാർ വളരെ തീവ്രമായി യതന്തി യത്നം ചെയ്യുന്നു പക്ഷെ എങ്ങനെ എന്ന് വെച്ചാൽ മാമാശ്രിത്യ എന്നെ ആശ്രയിച്ചു തന്നെ യത്നം ചെയ്യുന്നു എന്നാണ് പലരും തീവ്രമായി യത്നം ചെയ്തിട്ടും സ്വാമി രാംദാസ് അദ്ദേഹത്തിന്റെ അച്ഛൻ നാമ നാമം ഉപദേശിച്ചു കൊടുത്തു നാമം ജപിക്കാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന് ആനന്ദം ഒന്നൊന്നര വർഷമായി കാശിയിൽ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്ന് കാശിയിൽ പോയപ്പോ കാശിയിൽ ഒരു സാധുവിനെ കണ്ടു ആ സാധു രാമദാസ് സ്വാമിയോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ആനന്ദം പുറമേക്ക് ഇങ്ങനെ ആനന്ദം വീശിക്കൊണ്ട് നടക്കുന്നു ഈ ആനന്ദം എവിടെ നിന്ന് കിട്ടി രാമൻ തന്നു അതിന് നിങ്ങൾ എന്ത് സാധനം ചെയ്തു രാമനാമം ജപിച്ചു രാമനാമം എത്ര വർഷം ജപിച്ചു ഞാൻ ഒരു വർഷമേ ആയിട്ടുള്ളൂ ഞാൻ മുപ്പത്തിയഞ്ചു വർഷമായിട്ട് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കണമല്ലോ എനിക്ക് എന്തുകൊണ്ട് ഭഗവാൻ തന്നില്ല നിങ്ങൾക്ക് മാത്രം തന്നു അപ്പൊ അദ്ദേഹത്തിന്റെ എളുപ്പ ഉത്തരം എന്താന്ന് വെച്ചാൽ രാമന്റെ ഇച്ഛ രാമൻ എനിക്ക് തന്നു നിങ്ങൾക്ക് തന്നില്ല എന്നിട്ട് പിന്നീട് ഇതിനെ ഒരു ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് സ്വാമികൾ തന്നെ പറയുന്നുണ്ട് നമ്മളെ സാധനയെ ഒരു മീൻസാക്കി കണക്കാക്കിയാൽ ഈ വിഷമം ഉണ്ടാവും അതായത് സാധന ചെയ്തിട്ട് പ്രാപിക്കാൻ പോളും കച്ചവടം സവൈ വണിക് എന്നാണ് പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പറയണത് വണിക് ഞാൻ ഇത്ര ജപം ചെയ്തു എന്നിട്ട് ഭഗവാനെ പിടിക്കാൻ പോളൂന്ന് വെച്ചാൽ കിട്ടുകയേലും പിന്നെ ഏത് യത്നം ജപമാവട്ടെ ധ്യാനമാവട്ടെ സംഗീത ഭഗവാനെ കീർത്തിക്കലാവട്ടെ ദാറ്റ് വെരി പ്രോസസ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് യു ആർ എക്സ്പീരിയൻസിംഗ് ഹിം ഓരോ ക്ഷണത്തിലും നിങ്ങൾ ഭഗവാനെ ആണോ അനുഭവിക്കണത് ഓരോരോ രാമനാമവും നാമം വേറെയല്ല ഭഗവാൻ വേറെയല്ല അല്ലേ അങ്ങനെ അല്ലെങ്കിൽ ഒരു താത്വികമായിട്ട് പറയാം ആൾ ടൈം ഈസ് നൗം എന്ന് പറയണത് എന്താ കാലം എന്ന് പറയുന്നത് എന്താ നമുക്ക് കാലത്തിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ പക്ഷെ വാസ്തവത്തിൽ പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടോ എക്സ്പീരിയൻസിൽ ഒരിക്കലും ആർക്കെങ്കിലും അവരവരുടെ പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അനുഭവിക്കാൻ പറ്റുമോ അനുഭവം എപ്പോഴും വർത്തമാന കാലമാണ് വാസ്തവത്തിൽ വർത്തമാന കാലം എന്ന ഒരേ ഒരു അനുഭവമേ ഉള്ളൂ വരപോലും കയഴം അതൊന്നുതാക്ക് അതിനാവാക്യം മാതിരി ഇപ്പൊ എത് ഇരുക്കോ അത് എപ്പോ എത് ഇല്ലയോ അത് ഒരു കാലത്തെയും വരാത് വന്നാലും പോയിടും ഓർമ്മ വെച്ചോള ണ്ടെങ്കിൽ അടുത്ത ക്ഷണത്തിലും ഭഗവാൻ ഉണ്ടാവും ഇപ്പൊ ഭഗവാൻ ഇല്ല എനിക്ക് ഫ്യൂച്ചറിൽ ഭഗവാൻ വരും വെച്ചാൽ ആ ഫ്യൂച്ചർ ഒരു കാലത്തും വരില്ല പിടികിട്ടുണ്ടോ നമ്മളുടെ ട്രാപ്പ് മനസ്സ് ടൈമിന്റെ ട്രാപ്പിൽ പെട്ടിട്ട് എനിക്ക് ഇപ്പൊ ഭഗവാനെ കിട്ടിയില്ല ഞാൻ ഫ്യൂച്ചറിൽ നേടിയെന്ന് വെച്ചാൽ ആ ഭഗവാൻ ഒരു കാലത്തും വരാൻ പോണില്ല ഇത് വളരെ ലളിതമായിട്ട് ഭക്തന്മാർ പറയുമ്പോൾ എന്തു പറഞ്ഞു ഒരു പ്രതീക്ഷയും വെക്കരുത് ഗീതയുടെ സിദ്ധാന്തം തന്നെ അധ്യാത്മ സാധനയിലും എടുത്തിട്ടുള്ള ഫലത്തിനെ ഇച്ഛിച്ചുകൊണ്ടോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കിട്ടണോ എന്ന് പറഞ്ഞുകൊണ്ടോ ഭാവിയിൽ എന്തെങ്കിലും നേടണം എന്ന് പറഞ്ഞുകൊണ്ടോ സാധന ചെയ്തുകൊണ്ടിരുന്നാൽ യു ആർ കീപ്പിംഗ് ദ ട്രൂത്ത് ഫ്യൂ സ്റ്റെപ്സ് അവേ ഫ്രം യു വിച്ച് വിൽ നെവർ കം എണ്ണയാട്ടാനായിട്ട് കാളയെ ചക്കല് കെട്ടും എന്നിട്ട് ആ കാളയുടെ നെറ്റിയില് ഒരു കോല് വെച്ച് കെട്ടും എന്നിട്ട് ആ കോലിന്റെ അറ്റത്തെ പുല്ല് കെട്ടിത്തൂക്കും ഈ കാളക്ക് ഈ പുല്ല് ഒരിക്കലും കടിക്കാൻ പറ്റില്ല പക്ഷെ ഈ പുല്ലിനെ ഈ കാള ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും നടന്നുകൊണ്ടേയിരിക്കും എണ്ണയാട്ടിക്കൊണ്ടേ ഈ പുല്ല് കാളയുടെ വായിൽ എത്തുകയില്ല അതേമാതിരിയാണ് എനി ഫ്യൂച്ചർ സൈക്കോളജിക്കൽ ഗോൾ ഫിസിക്കൽ ഗോൾ യു ക്യാൻ ഹാവ് ഇപ്പൊ കുട്ടികളൊക്കെ പരീക്ഷ വരാൻ പോകുന്നത് അത് ഫിസിക്കലാണ് ബട്ട് സൈക്കളോജിക്കൽ ഇൻവേർട്ട്ലി ഞാൻ ഇപ്പൊ ദുഃഖത്തിലാണ് ഞാൻ പിന്നെ സന്തോഷിക്കുന്ന വെച്ചാൽ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇപ്പൊ എന്തുണ്ടോ അത് എപ്പോഴും ഉണ്ടാവും പിടിയിട്ടുണ്ടോ നമ്മളുടെ ട്രാപ്പ് മനസിന്റെ ട്രാപ്പ് ഭക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ാമം ജപിക്കണെന്ന് വച്ചാൽ ഓരോ നാമവും ഭഗവത് അനുഭവമാണ് അല്ലാതെ നാമം ജപിച്ചിട്ട് ഞാൻ ഭഗവാനെ പ്രാപിക്കാൻ പോണെന്ന് വെച്ചാൽ ആ ഭഗവാൻ വരേ അല്ല അപ്പോ നാമം ഒരു പണിയും ഭഗവാൻ ഒരു കൂലിയുമായിട്ട് തീരും ഞാൻ ജപിക്കുന്ന നാമം ഒരു പണി ഒരു ജോലി അതിന് കൂലി ഭഗവാൻ അപ്പൊ എത്ര പണിയോ അതിനനുസരിച്ച് കൂലി അല്ലെ इतन्ने इतन्ने सचंगम, सचंगम इतन्यान। इतन्यान। इतन्यान। इतन्यान। ും നാമം എന്ന് ഞാരണം പറഞ്ഞു അത്രേ ഉള്ളൂ ഏത് സാധനയാണെങ്കിലും അതെ ഓരോ നാമജപവും ഓരോ മിനിറ്റിലുള്ള അനുഭവം ഇപ്പൊ ഇവിടെ ഇരിക്കണെന്ന് വെച്ചാൽ ഇവിടെ ഈ സത്സംഗമേ പൂർണ്ണം ഇത് സമാധി ഇത് ധ്യാനം ഇവിടെ നമ്മളെ ഇല്ലാതാക്കി തീർത്താ മതി ഇവിടെ നമ്മളെ പിടിച്ചു നിർത്തിയാൽ സത്സംഗം സത്സംഗം അതിൽ നമ്മൾ ഇല്ലാതായി രമിച്ചു കൊണ്ടിരുന്ന അനുഭവത്തിൽ നമ്മൾ ഇല്ലാതാവണോ അതൊക്കെ ഭഗവത് അനുഭവമാണ് നാമം ജപിക്കുമ്പോൾ ഞാൻ ഇല്ലയോ അത് ഭഗവത് അനുഭവമാണ് ഇനി ഫ്യൂച്ചറിലൊന്നും വേണ്ട അതുകൊണ്ടാണല്ലോ ഈ ഭക്തന്മാരൊക്കെ ഭക്തന്മാരുടെ മുഖത്തിലൂടെ പാടി വ്യാസഭഗവാൻ നമ്മളെ അറിയിച്ചു ന നാകപൃഷ്ടം നാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന വാ സമഞ്ജസത്വ വിരഹയ്യ കാക്ഷയും എനിക്ക് സ്വർഗവും വേണ്ട പുനർജനനമില്ലാത്ത സ്ഥിതിയും വേണ്ട एोग सिद्धियों वेड याद याग्रह आचार्यस्वामियों श्लोक पर मोक्षा न विभववांछा च न मे न विज्ञापेक्षा शशिमुखि सुखेच्छा न पुनः अतस्वाम संयाजे जननी जननम या तो मम वै मृढ़ी रुद्राणी शिव शिव भवीतिपा മോക്ഷസ്യാകാംക്ഷ എനിക്ക് മോക്ഷത്തിനുള്ള ആഗ്രഹമേ ഇല്ല എന്നാണ് ന വിഭവവാൻ ചാപ്പിച്ച് എനിക്ക് യാതൊരു വിഭവവും കിട്ടണമെന്നുള്ള ആഗ്രഹവും ഇല്ല ന വിജ്ഞാനാപേക്ഷ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണമോ ആഗ്രഹവും ഇല്ല ശശിമുഖി സുഖേച്ഛാ പിന്ന പുനഃ ലൗകിക സുഖഭോഗങ്ങളിലും ആഗ്രഹമില്ല പിന്നെ എന്താ സംയാചെ ജനനി ജനം യാതും ഇനി എത്ര ജനനം വേണമെങ്കിൽ വരട്ടെ മൃഡാനീരുദ്രാണീ ശിവശിവ ഭവാനീതി ജപത ആ നാമം ജപിച്ചുകൊണ്ട് തന്നെ ഉരുവിട്ടുകൊണ്ട് തന്നെ ജപിച്ചുകൊണ്ട് തന്നെ ഞാൻ സന്തോഷമായിട്ട് ഇരുന്നോളാം സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിൽ നിന്നല്ലാതെ വേറെ ഒരിടത്തു നിന്നും വരാൻ ഒക്കില്ല അതുകൊണ്ടാണ് അത് ഭഗവത് അനുഭവമാണോ എന്ന് പറയുന്നത് ഈ മൈക്കിന് സന്തോഷമൊന്നും വരില്ല അതിനെത്ര പുകഴ്ത്തിയാലും അതിന് സന്തോഷം വരുവോ ചന്ദന കുറിയൊക്കെ ഇട്ടുകൊടുത്ത് കുറെ വർഷങ്ങളായി നമ്മളെ സേവ ചെയ്യുന്ന മൈക്ക് എന്ന് പറഞ്ഞാൽ ആരാധിച്ച് അതിന് കഴുത്തിൽ മാലയിട്ടു കൊടുത്താൽ അത് സന്തോഷിക്കില്ല സന്തോഷം എന്നുള്ളത് ജീവാനുഭവത്തിൽ നിന്നേ വരാൻ ഒക്കു അപ്പൊ ആ സന്തോഷം എന്താ ഭഗവത് അനുഭവമാണ് സന്താപത്തിനൊക്കെ കാരണം എന്താ സന്തോഷത്തിനെ നമ്മൾ ഫ്യൂച്ചറിൽ വെച്ചാൽ സന്താപം ഭഗവാൻ എനിക്ക് എപ്പോഴോ വരാൻ പോകണമെന്ന് വിചാരിച്ചാൽ ഉള്ള വസ്തു ഭഗവാൻ തന്നെ പൂർണ്ണ വസ്തുവാണ് ആ പൂർണ്ണ വസ്തുവിനെ വിട്ടിട്ട് ഇനി ഫ്യൂച്ചറിലെ ഒരു ഭഗവാനോ ഫ്യൂച്ചറിലെ ഒരു ആത്മാവോ സാക്ഷാത്കരിക്കാൻ പോണോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും ആ ഫ്യൂച്ചർ വരികയില്ല ഇപ്പോ പ്രതിബോധവിദിത്തം മതം അമൃതത്വം ഹി ലഭ്യത്തെ പുരുഷ തന്നെ പറഞ്ഞു ഓരോ ബോധത്തിലും ബോധം ബോധം പ്രതി എവറി മൊമെന്റ് ഓരോ ക്ഷണത്തിലും നമ്മുടെ ഈശ്വരനെയാണ് അനുഭവിക്കുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് ഉണ്ടല്ലോ അവബോധം ഉണ്ടല്ലോ ആ അവബോധം ജഡത്തിൽ വരികയില്ല ആ കേവലാനുഭവം ജഡത്തിന് ഉണ്ടാവുകയേ ഇല്ല ഈ മൈക്കിന് ഞാനുണ്ട് എന്നുള്ള അനുഭവമില്ല എനിക്കുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ടാ ഇരുന്ന് കേൾക്കുന്നത് അതുകൊണ്ടാ ഞാൻ പറയണത് അപ്പൊ ആ ബോധ കേന്ദ്രം ആ ബോധ കേന്ദ്രത്തിൽ നിത്യനിരന്തരമായ പൂർണതയുണ്ട് ആ പൂർണതയെ നമ്മൾ പുറത്ത് എവിടുന്നു കൊണ്ടുവരാനൊക്കില്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്നതൊക്കെ നമ്മളെ വിട്ടുപോകും നമ്മള് ലോകത്തില് എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ അകമയ്ക്കുള്ള ഈ ആനന്ദം ഈ പൂർണത ഇല്ലെങ്കിൽ അതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കില്ല നമ്മൾ ഏത് സാധന ചെയ്യാണെങ്കിലും അതിനോടുകൂടെ ആനന്ദമില്ലെങ്കിൽ അവസാനം സാധനയെ ഒരു വേദനയായിട്ട് തീരും തീരാത്ത വേദനയായിട്ട് തീരും സന്തോഷം അവിടെ പുറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അതാണ് മാം ആശ്രിത്യ യഥന്തിയെ എന്ന് ഭഗവാൻ പറഞ്ഞതിന് കാരണം ഓരോ മൊമെന്റിലും സന്തോഷം ഭഗവാനെ ആശ്രയിക്കുന്ന വെച്ചാൽ എന്താർത്ഥം സന്തോഷം ഭഗവാനെ ആശ്രയിക്കുക ഭഗവത് ആശ്രയത്തിന്റെ എക്സ്പീരിയൻഷ്യൽ ലെവലില് ഭഗവത് ആശ്രയം എന്താ സന്തോഷം തൃപ്തി യാതൊന്നും വേണം എന്നുള്ളതില്ല ഭഗവാൻ എന്നെ നോക്കാനുള്ളപ്പോ പിന്നെ എനിക്ക് തൃപ്തി അല്ലാതെ സന്തോഷമല്ലാതെ വേറെ എന്തോണ്ടാവാൻ പറ്റും ആ സന്തോഷം അപ്പോ ഈ ആത്മാനുഭവ സ്ഥിതിയിൽ ഏർപ്പെടുന്ന അനന്തം ഇറ്റ് ഇസ് ഓൾ ഇൻക്ലൂസീവ് അതിലെല്ലാം അടക്കം നമ്മൾ ഓരോരുത്തരും ദിവസം സുഖമായി ഉറങ്ങുമ്പോ ഇതിന്റെ ഒരു ഗ്ലിംസ് ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട് ആനന്ദം നമ്മളൊക്കെ ധരിക്കണത് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ സെൻസസ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ആണ് ആനന്ദം അനുഭവിക്കുന്നത് എന്നാണ് അതല്ല എന്നുള്ളതിന് ഒരു തെളിവ് ഭഗവാൻ ദിവസവും നമുക്ക് കാണിച്ചു ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒരു ആനന്ദം ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ ആനന്ദത്തിന് ഗ്രഡേഷനും ഇല്ല കൂട്ടു കുറച്ചിലൊന്നുമില്ല അപ്പൊ ആനന്ദം നമ്മളുടെ ഉള്ളിലുണ്ട് ആ ആനന്ദം എവിടെ നിന്ന് വന്നു ശരീരത്തിൽ നിന്ന് വന്നില്ല മനസ്സിനും വന്നില്ല പിന്നെ അന്തര്യാമിയിൽ നിന്നും വന്നു അതാണ് യേശ സർവേശ്വര യേശ സർവജ്ഞ എന്ന് സൂചന തരാൻ കാരണം അതാണ് അന്തര്യാമിയിൽ നിന്നും ദിവസം സുഷുപ്തി അവസ്ഥയിൽ അനുഭവിക്കുന്ന ആനന്ദം വന്നു ആ ആനന്ദത്തിനെ ബോധപൂർവം ബോധപൂർവം ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കണം എങ്ങനെ അനുഭവിക്കും അതിനുള്ള വിദ്യയാണ് ബ്രഹ്മവിദ്യ ഗീത ഒരു യോഗശാസ്ത്രമാണ് യോഗശാസ്ത്രം എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യക്ക് അനുകൂലമായി ലൗകിക ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന ശാസ്ത്രം യോഗശാസ്ത്രം ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ുള്ള പൂർണ്ണതയെ കാണിച്ചു തരുന്നത് ബ്രഹ്മവിദ്യ ആ സ്പിരിച്വൽ ലൈഫ് അധ്യാത്മിക ജീവിതത്തിനു പറ്റിയ രീതിയിൽ ലൌകിക ജീവിതത്തിനെ നിയന്ത്രണം ചെയ്യുന്നതാണ് യോഗശാസ്ത്രം അല്ലാതെ പ്രാണായാമമോ മറ്റോ അല്ല ഉദ്ദേശിച്ചത് അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നതും നമ്മളുടെ ജീവിതസമ്പ്രദായം മുഴുവൻ ഋഷികൾ വെച്ചത് അങ്ങനെയാണ് നമുക്ക് സ്വസ്ഥമായി ആന്തരിക ജീവിതം നയിക്കാൻ ഒതകുന്ന രീതിയിൽ ഋഷികൾ ഒരു ജീവിത സമ്പ്രദായം ഉണ്ടാക്കി തന്നു നമ്മളതൊക്കെ താറുമാറാക്കി പുറമേക്കുള്ളതിനൊന്നും കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിന് കാരണം അവർക്ക് അതിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല അവർക്ക് മുമ്പ് കണ്ടു പുറമേക്ക് എന്തൊക്കെ നേടിയാലും പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായ അതിനാസ്തി അകൃതകൃതേന ലോക പുറമേക്ക് കർമ്മം കൊണ്ട് കർമ്മത്തിനെ പെർഫെക്ഷൻ പെർഫെക്ഷൻ പെർഫെക്ഷനിൽ കൊണ്ടുവന്ന് എന്തൊക്കെ സുഖം അനുഭവിക്കാൻ കഴിയോ അതിനെയൊക്കെ അവർ നല്ലവണ്ണം പരീക്ഷിച്ചു നോക്കിയിട്ട് കണ്ടു ഇതൊന്നും ഇതൊക്കെ പുറമേക്ക് ഇന്ദ്രജാലം കാണിക്കും എന്നല്ലാതെ എന്തൊക്കെ പെർഫെക്ഷൻ കൊണ്ടുവന്നാലും എക്സലൻസ് കൊണ്ടുവന്നാലും അകമയ്ക്ക് നമ്മൾ ദരിദ്രരായിരിക്കും എന്നവർ കണ്ടു അതിന് തെളിവാണ് ഇന്നത്തെ മോഡേൺ സയൻസ് എത്ര എക്സലൻസ് വന്നു കഴിഞ്ഞു എത്ര പെർഫെക്ഷൻ വന്നു കഴിഞ്ഞു അവരോടൊക്കെ പോയി ചോദിച്ചു നോക്കൂ ഇതൊക്കെ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കൂ ഒന്ന് അന്വേഷിച്ചു നോക്കുക വേണമെങ്കിൽ പലരും സൂസൈഡ് ചെയ്തവരാണ് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടിയില്ല എന്നൊരു ദുഃഖം ഏതോ പേര് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ വിട്ടുപോയവരാണ് എന്തുപറ്റി പുറമേക്കുള്ളത് മുഴുവൻ ലിമിറ്റഡ് ആണ് പരിച്ഛിന്നമാണ് എന്ത് തന്നെ അതുകൊണ്ടാണ് അതുകൊണ്ട് ഋഷികൾ ഒരു സമ്പ്രദായം ഉണ്ടാക്കി പുറമേക്ക് ഏനകേനാപ്യുപായേന എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കാം പുറമേക്ക് എന്തെങ്കിലും കിട്ടുമോ കിട്ടിയത് ഉടുക്കുക കിട്ടിയത് കഴിക്കുക ഈ ശരീരത്തിനെ അങ്ങനെ ആരോഗ്യത്തോടുകൂടെ വയ്ക്കുക മാത്രം ശ്രദ്ധ പുറമേക്ക് ഇട്ടിട്ട് ബാക്കി ആകമേക്ക് വിടുക ഇവിടെയാണ് ഞാൻ ഒരു കഥ പറയാൻ പോണത് അന്ന് പറയാമെന്ന് പറഞ്ഞ് വിട്ടുപോയി ഒക്കെ എനിക്ക് അറിയണ കഥകൾ പേഴ്സണൽ കോൺടാക്ട് ഉള്ള കഥകൾ ഒന്നും ഇമാജിനറി സ്റ്റോറീസ് അല്ല ഇമാജിനറി സ്റ്റോറീസ് പറഞ്ഞാൽ അതൊക്കെ കഥയല്ലേ നമ്മൾ പറയും പുരാണ കഥ പറഞ്ഞ അങ്ങനെയൊക്കെ നടന്നുവോ ആവോ എന്ന് പറയും ശരി ഇപ്പൊ അടുത്ത കാലത്ത് വന്ന മഹാരാഷ്ട്ര സന്ധുക്കളുടെ കഥ പറഞ്ഞാൽ പോലും ഇങ്ങനെ നടന്നുവോ ഇല്ലയോ എന്നൊക്കെ സംശയിക്കാം ഇത് പേഴ്സണൽ കോണ്ടാക്ട് ഉള്ള കഥകൾ അപ്പൊ വാദവും ചെയ്യാൻ പറ്റില്ല കൊച്ചിയിൽ നിന്നും തുടങ്ങുന്ന കഥ കൊച്ചി മുതൽ തിരുവണ്ണാമല വരെ ഭഗവത്ഗീതയൊക്കെ അവിടെ ഇരിക്കട്ടെ ഷുഡ് ബി എ റിയൽ സത്സംഗം സത്സംഗം എന്ന് വെച്ചാൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് അല്ലാതെ ശ്ലോകം കാണാതെ പിടിക്കൽ ബൈഹാർട്ട് പൊഴി അതൊക്കെ അവിടെ ഇരിക്കുക അതൊക്കെ നിങ്ങൾക്ക് ധാരാളം ആളുകളുണ്ട് പഠിപ്പിക്കാൻ